അള്ളാഹു സുബാനഹൂവചായ അവതരിപ്പിച്ചത് പിന്തുടരുക എന്നവരോട് പറയപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ ഏതു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നവർ പറയും അവരുടെ പിതാക്കന്മാർക്ക് യാതൊരു ബുദ്ധിയോ നേർവഴിയോ ഇല്ലായിരുന്നുവെങ്കിൽ പോലും അവർ അതിനെ പിന്തുടരുമോ